प्रतं के। परमे ्रतम पिबंदौ सुवृतरा छायात ब्रह्मी जानाना, അക്ഷരം ബ്രഹ്മ അഭയം തിഥിക്േതംമഹേ ആത്മാനം രഥനം വിദ്ധി ശരീരം രഥമേവാരം വിദ്ധി ുക്തീഹിണ <Pragraha> യവിജ്ഞാനവാൻ ദുഷ്ടവ സാരേന്ദ്രി വശ്യ സംസാരം ചാധിഗതി ധര്യസ്ഥോധന തദ്ദേശ इन्द्रियभ्यः परः शरथा अतेभ्यश्च परम् मनः मनस्स्तु परा बुद्धिर बुद्धे र्मा महान् परः महत परं अम्बिकतम अम्बिक्ता पुरुषः परः पुरुषान् परं किंचित् യേദ് ുര <tattayachit> <Supir> <-tale> <Supir> ദുർഗം പതസ്ഥ വദന്ദേ അശ്ബമസ്പർശമൂപമ്യമന്ദവനന്തം മഹത പരം ധ്രുവന്മൃത്യു മുഖാ പ്രമുച്യ ചിക്േതമുഖ്യം മൃത്യുക്തം സനദനംകം പരമം ഗുഹ്യംസതി robust എള്വ൦൚്το മൻ൰ർ൦൪ ആജർ不會Run Если നചൺനതനച �ഖങർ Vinegar, Radio Being derivar, i proto Nation Political task, to deliver you fromprope ഭർведർ ാമത് മന്ത്രമാണ് ചർച്ച ചെയ്തത് ആത്മതത്വം ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരിൽ നിന്നും ഗ്രഹിക്കണം ഇത് അതിസൂക്ഷ്മമായ ബുദ്ധിക്ക് വിഷയമാണ് ഈ മാർഗം വളരെ ക്ലേശകരമാണ് എന്നുള്ള പ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞത് അതിനുവേണ്ടി ഉത്തിഷ്ഠനായിരിക്കുക ജാഗ്രതയിരിക്കുക എന്നുള്ള ഉപദേശങ്ങളും പറഞ്ഞു അടുത്ത് പതിനഞ്ചാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായിട്ട് ഭാഷകാരൻ പറയുന്നതാണ് കഥം അതിസൂക്ഷ്മത്വം ഞേയസ്യത് പരമാത്മാവിന്റെ അത് അതിസൂക്ഷ്മെഹിക്കേണ്ട ബുദ്ധിയും അതിസൂക്ഷ്മോ അതെങ്ങനെയാണ് അത് വിശദീകരിക്കുകയാണ് അടുത്ത മന്ത്രത്തിലെന്നാണ് സ്ഥൂല തവദിയം ശബ്ദോപചിത സർവീന്ദ്രിയ വിഷയഭൂത തഥാ ശരീരം ഈ ഭൂമി തത്വം അത് സ്ഥൂലയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് ശബ്ദ സ്പർശ രൂപരസന്ധ ഉപചിത ശബ്ദം സ്പർശം രൂപം അരസം ഗന്ധം എന്നീ തന്മാത്രകൾ കൂടിച്ചേർന്നതാണ് ഇതെല്ലാം കൂടി ചേർന്നതാണ് പൃഥിവി അഞ്ച് തത്വങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നീ അഞ്ച് തത്വങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ് സർവേന്ദ്രിയൾക്കും വിഷയമായിരിക്കുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കും അത് വിഷയമാണ് തഥാശരീരം അതുപോലെ തന്നെയാണ് ആ തത്വത്തിന് പ്രാധാന്യമുള്ള ഈ ശരീരം അതും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോടുകൂടിയതാണ് സർവേന്ദ്രങ്ങൾക്കും ആധാരവും സർവേന്ദ്രിയും വിഷയവുമാണ് അതാണ് ഇതിന് സ്ഥൂലെന്ന് പറഞ്ഞത് ഏറ്റവും സ്ഥൂലമായിരിക്കുന്നു എന്നോട് തത്ര ഏകേക ഗുണഅപകർഷണ ഗന്ധാദീനം സൂക്ഷ്മത്വ മഹത്വ വിശുദ്ധത്തുശേദയ സ്ഥൂലി ശബ്ദ സൂക്ഷ്മ നിരതിശയത്വത്തവ്യം അപകർഷ ഗുണങ്ങൾ കുറഞ്ഞ് നേരത്തെ പറഞ്ഞ ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങളിൽ ഓരോന്ന് കുറഞ്ഞിട്ട് ഗന്ധം കുറഞ്ഞിരിക്കുന്നു ജലത്തിൽ അഗ്നിയിലേക്ക് വരുമ്പോ രസം കൂടി കുറഞ്ഞിരിക്കുന്നു വായുവിലേക്ക് വരുമ്പോ രൂപം കുറഞ്ഞിരിക്കുന്നു ആകാശത്തിലേക്ക് വരുമ്പോൾ അവിടെ ശബ്ദം കൂടി കുറഞ്ഞിരിക്കുന്നു അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് ഓരോരോ ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു അതായത് ആകാശത്തിൽ കേവല ശബ്ദം മാത്രം വായുവിലേക്ക് ശബ്ദവും സ്പർശവും അഗ്നിയിലേക്ക് ശബ്ദസ്പർശ രൂപം ജലത്തിലേക്ക് ശബ്ദസ്പർശ രൂപരസം ഭൂമിയിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഈ തരത്തിൽ കൂടിക്കൂടി വരുന്നു പിന്നിലേക്ക് കുറഞ്ഞു കുറഞ്ഞും വരുന്നു അതാണ് ഇവിടെ തത്ര ഏകൈക ഗുണഅപകർഷ ഓരോരോ ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് ഗന്ധാധീന ഗന്ധാധീന ഓരോ ഗുണങ്ങളും ഗന്ധം തുടങ്ങിയ ഓരോ ഗുണങ്ങളും പിന്നിലേക്ക് പഞ്ചഭൂതങ്ങളിൽ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഓരോന്ന് കുറഞ്ഞു വരുന്നു അങ്ങനെ കുറയുന്നതിനനുസരിച്ച് സൂക്ഷ്മം വരുന്നു പൃഥ്വിയെ അപേക്ഷിച്ചത് സൂക്ഷ്മമായിരിക്കും മഹത്വം വ്യാപകമായിരിക്കും പിന്നിലേക്കുള്ളത് പൃഥ്വിയെ അപേക്ഷിച്ച് പൃഥ്വി തത്വത്തെ അപേക്ഷിച്ച് ജലതത്വം സൂക്ഷ്മവും മഹത്വമാണ് അതിനെ അപേക്ഷിച്ച് സൂക്ഷ്മവും മഹത്വമാണ് അഗ്നിതത്വം അതിനെ അപേക്ഷിച്ച് സൂക്ഷ്മവും മഹത്വമാണ് വായുതത്വം പരമാവധി സൂക്ഷ്മവും മഹത്വമാണ് ആകാശത്തും അങ്ങനെ സൂക്ഷ്മത്വ മഹത്വ വിശുദ്ധത്വ വിശുദ്ധിയും ഗുണങ്ങൾ കുറയുന്നതിനനുസരിച്ച് അതിന് ശുദ്ധിയും കൂടി വരുന്നു നിത്യത്വാദി താരതമ്യം നിത്യത്വം അതിനും താരതമ്യം കാണുന്നുണ്ട് ഭൂമിയെ അപേക്ഷിച്ച് നിത്യമാണ് ജലം അതിനപേക്ഷിച്ച നിത്യമാണ് വായു അതിനപേക്ഷിച്ച് നിത്യമാണ് അഗ്നി അതിനപേക്ഷിച്ച നിത്യമാണ് വായു അതിനെ അപേക്ഷിച്ച് നിത്യമാണ് ആകാശം ഇങ്ങനെ താരതമ്യം ഏറ്റക്കുറച്ചൽ ദൃഷ്ടം കാണപ്പെടുന്നുണ്ട് അബാദിഷു ജലം തുടങ്ങിയ തത്വങ്ങളിൽ അപ്പൊ ജലം തുടങ്ങിയ തത്വങ്ങൾ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഭൂമിയെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ് വ്യാപകമാണ് വിശുദ്ധമാണ് നിത്യമാണ് ഇതെല്ലാം നശിക്കുന്നതാണെങ്കിലും അതിൽ താരതമ്യമുണ്ട് ഏറ്റക്കുറച്ചിലുണ്ട് ഏതുവരെ ഇത് യാവ് ആകാശം ആകാശം വരെ പഞ്ചഭൂതങ്ങളിൽ ഭൂമി തുടങ്ങി ആകാശം വരെ ഏറ്റക്കുറച്ചിലുണ്ട് ഇത് ഗന്ധാതയ സർവേവ അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ കാണുന്ന അ ഗന്ധാദികൾ ശബ്ദസ്പർശരൂപരസന്ധങ്ങൾ സർവേ ഏവ സ്ഥൂലത്വ വികാര പക്ഷേ ഇതെല്ലാം തന്നെ എന്താണ് സ്ഥൂലങ്ങളാണ് ഇന്ദ്രിയഗ്രാഹ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് വികാരങ്ങളുമാണ് പരിണമിച്ച് വരുന്നതാണ് ആ വികാരങ്ങൾ ഏതുവരെ ഉണ്ട് ശബ്ദാന്താഹ ഗന്ധത്തിൽ തുടങ്ങി ഗന്ധാദേഹ ശബ്ദാന്താഹ വികാരാഹ ഗന്ധം തുടങ്ങി ശബ്ദം വരെയുള്ള ആ വികാരങ്ങൾ കാര്യങ്ങൾ എത്രണസന്ധി എവിടെ നിലനിൽക്കുന്നില്ലയോ ഈ വികാരങ്ങൾ തന്നെ പിന്നിലേക്ക് പിന്നിലേക്ക് സൂക്ഷ്മങ്ങളാണ് പക്ഷെ അങ്ങനെ സൂക്ഷ്മമായി പോകുന്ന വികാരങ്ങൾ കൂടി എവിടെയില്ലയോ കിമു തസ്യ സൂക്ഷ്മത്വാദി നിരതിശയത്തും വക്തവ്യം എവിടെയാണോ നിലനിൽക്കുന്നത് ആ സ്ഥാനം അതിന്റെ സൂക്ഷ്മത്വം നിരതിശയത്വം അതിന്റെ മഹത്വം അത് കിമ വക്തവ്യം അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നാണ് വെച്ചാൽ അത് മഹത്തമമാണ് അതിന്റെ സൂക്ഷ്മത്വം വിശദീകരിക്കാൻ കഴിയത്തില്ല എന്നാണ് കാരണം അതിസൂക്ഷ്മമായത് എങ്ങനെയാണ് തത് കഥം അതിസൂക്ഷ്മത്വം ഈ പരമാത്മാവ് അതിസൂക്ഷ്മം എന്നെന്തുകൊണ്ട് പറഞ്ഞു പൃഥിവി തുടങ്ങി പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോന്നും സൂക്ഷ്മമായി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പരമസൂക്ഷ്മമായിരിക്കുന്നു പരമാത്മാവ് കിമോ വക്തവ്യം അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നുവെച്ചാൽ അത് അത്യധികം സൂക്ഷ്മമാണ് ഇത്യേതം ദർശയിൽ ഇതിനെ വ്യക്തമാക്കുന്നു ശ്രുതി ശ്രുതി ആ ആത്മാവിന്റെ സൂക്ഷ്മത്വം അതിനെ ശ്രുതി ഇവിടെ വ്യക്തമാക്കുകയാണ് അടുത്ത മന്ത്രത്തിൽ എന്നാണ് അത് ഈ ശബ്ദാദി വിഷയങ്ങളിൽ തന്നെ സൂക്ഷ്മ താരതമ്യം കാണുന്നുണ്ട് അതിനും അതൊന്നും നിലനിൽക്കാത്ത അതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാത്മാവ് അതിസൂക്ഷ്മമായിരിക്കും എന്നുള്ള കാര്യമാണ് അടുത്ത മന്ത്രത്തിൽ വിശദമാക്കുന്ന പതിനഞ്ചാമത്തെ മന്ത്രം അശബ്ദം അസ്പർശം അരൂപം അവ്യയം നിത്യം അനാദ്യം ധ്രുവം നിന്മൃത്യു മുഖാത് പ്രമുച്ചതേ അതിന്റെ ഭാഷ്യം അശബ്ദം നിത്യന്ധവ യഖ്യനം ബ്രഹ്മഅ്യം ശബ്ദം ശബ്ദരഹിതമായത് അവിടെ ശബ്ദമില്ല ശബ്ദതത്വം ആ ബ്രഹ്മത്തിൽ ഇല്ല അസ്പർശം സ്പർശ ഗുണം അവിടെയില്ല ആ രൂപം രൂപം എന്ന് പറയുന്ന അതവിടെയില്ല അശബ്ദം എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ ഗുണമായിരിക്കുന്ന ശബ്ദം അതവിടെയില്ല അസ്പർശം എന്ന് പറയുമ്പോൾ വായുവിന്റെ ഗുണമായിരിക്കുന്ന സ്പർശം അതവിടെയില്ല അരൂപം അഗ്നിയുടെ ഗുണമായിരിക്കുന്ന നിജഗുണമായിരിക്കുന്ന ആരൂപം അതില്ല അവ നശിക്കാത്തതാണ് തഥാ അരസം ജലത്തിന്റെ നിജഗുണമായിരിക്കുന്ന അരസം അതവിടെയില്ല നിത്യം അത് നിത്യമാണ് അഗന്ധവച്ച് പൃഥ്വിയുടെ നിജ ഗുണമായിരിക്കുന്ന ഗന്ധം അവിടെയില്ല അതുകൊണ്ടാണ് അത് അവ്യയം നിത്യം എന്നതിനെ വിശേഷിപ്പിച്ചത് ഏതാഖ്യാതം ബ്രഹ്മ അമ്പിയം ഇത് മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അമ്പിയുറിച്ചാണ് പറയുന്നത് ഏതൊന്നിലാണോ ശബ്ദവും മറ്റും ഉള്ളത് അത് വേദി നശിക്കുന്നു പരിണമിക്കുന്നു അല്ലെങ്കിൽ നശിക്കുന്നു ഇതെന്തു അശബ്ദാദിമത്വാദ് അവ്യയം നവേദി നക്ഷിയതെ അതേവച്ച നിത്യം ഇതെന്തോ ഈ ആത്മവസ്തുവാണെങ്കിലോ അശബ്ദാദിമത്വാദ് അതിന് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളില്ലാത്തത് കൊണ്ട് അവ്യയം അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് നവേദി അത് വിശദീകരിക്കുന്നു നക്ഷിയത അതിന് ക്ഷയമില്ല പരിണാമമോ നാശമോ ഇല്ല അതേവച്ച നിത്യം അതുകൊണ്ട് നിത്യമാണ് അവ്യയം നിത്യം അവ്യയമായതുകൊണ്ട് അനിത്യം അതിന് ക്ഷയം പരിണാമം സംഭവിക്കാത്തത് കൊണ്ട് നിത്യമാണ് ഏതാണോ ക്ഷയിക്കുന്നത് തത് അനിത്യം അത് അനിത്യമാണ് ഇതം തോ ഈ വസ്തു ആകട്ടെ നവേദി അതിനു ക്ഷയ സംഭവിക്കുന്നില്ല നിത്യത നിത്യം അതുകൊണ്ട് നിത്യമാണ് അതാണ് അവ്യയം നിത്യം അഭിയമായതുകൊണ്ട് അത് നിത്യമാണ് തസ്ത നിത്യം അതുകൊണ്ട് തന്നെ എന്താണത് നിത്യമാണ് അനാദി അവിദ്യമാന ആദി കാരണം അസ്യതം അനാദി അനാദ്യ അനന്തം എന്ന് പറഞ്ഞാൽ അനാദി ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ് അനാദി അവിദ്യമാനഹ ആദി കാരണം അവിദ്യമാനം വിദ്യമാനമല്ലാത്തതായ ഇല്ലാത്തതായ ആദി അതിന്റെ അർത്ഥമാണ് കാരണം കാരണമില്ലാത്തത് അസ്യ ഇതിന് കാരണമില്ല അതുകൊണ്ട് ഇതിന് തജുതം അനാദി ഇതിന് അനാദി എന്ന് പറയുന്നു കാരണമില്ലാന്ന് പറഞ്ഞാൽ ഇതിന് ഉത്പത്തിയില്ല ജന്മം ഉള്ളതല്ല ജന്മം കൂടാതെ നിലനിൽക്കുന്നതാണ് ഈ അനാദിമത് ണോ ആദിമത് അങ്ങനെ ആദിമത്തിന്റെ ആദിമത് ഏതെന്തിനാണോ ആദ്യമുള്ളത് ആദിമത് ആദിമുള്ളത് തത് കാര്യം കാര്യത്വാദ് അതിന് കാര്യത്വമുണ്ട് കാര്യമാണ് അതുകൊണ്ട് അനിത്യം അത് നശിക്കുന്നതാണ് കാരണേ പ്രലീയത യഥാ പൃഥി വ്യാധി അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണത്തിൽ ലയിക്കുന്നു ഉദാഹരണം പൃഥിവിക്ക് ആദിയുണ്ട് അതായത് കാരണമുണ്ട് അതിന് കാരണമായിരിക്കുന്നതാണ് പൃഥ്വിക്ക് തൊട്ടുമുമ്പിനുള്ള ജലതത്വം അതുകൊണ്ടത് ആ ജലതത്വത്തിൽ പൃഥിവി ലയിക്കുന്നു കാരണത്തിൽ കാര്യം ലയിക്കും ഒന്നിനു കാരണത്തെ സ്വീകരിച്ചുകഴിഞ്ഞാൽ ആ കാര്യം ആ കാരണത്തിൽ അവസാനിക്കുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും ഇത് അനാദിയാണ് ഇതിന് കാരണമില്ല അതുകൊണ്ട് ഇത് ലയിക്കത്തില്ല നാശമില്ല അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് ഇതെന്തു സർവകാരണത്വ ഇത് സർവത്തിനും കാരണമാണ് അതുകൊണ്ട് ആ കാര്യം മറ്റൊന്നിന്റെ കാര്യമല്ല ഇത് ആ ഇത് കാര്യമല്ലാത്തത് നിത്യം നിത്യമാണ് അതിന് ഹേതു യുക്തി പറയുകയാണ് എന്തുകൊണ്ട് നിത്യമായിരിക്കുന്നു ഇത് കാര്യമല്ല എന്തുകൊണ്ട് കാര്യമല്ല ഇത് സർവകാരണമാണ് എല്ലാ കാര്യങ്ങൾക്കും കാരണമാണ് സർവ്വകാരണമായിരിക്കുന്ന ഒന്ന് നശിക്കുന്നില്ല കാരണം ഒന്നിനെ നശിക്കണമെങ്കിൽ അതിൻ്റെ കാരണത്തിലേ അതിനെ നശിക്കാൻ പറ്റും ഒരു വസ്തു നശിക്കുന്നതിന്റെ കാരണത്തിലായിരിക്കും വിലയിക്കുന്നത് കുടം മണ്ണിൽ നശിക്കുന്നു ഇവിടെയാണെങ്കിലും ഇതിനൊരു കാരണമേ ഇല്ല ഇതിനെ നശിക്കാൻ കഴിയത്തില്ല നശിക്കാൻ ഒരു ആധാരമില്ല ഇതിന് ഇന്നത്ത് അസ്തി കാരണമസ്തി ഇതിന് കാരണമില്ല ഏതിനാണോ ലയിക്കുന്നത് ആ ലയിക്കേണ്ടതായ കാരണമില്ല അതുകൊണ്ടാണ് ബ്രഹ്മത്തെ നിത്യം എന്ന് പറയുന്നത് അതിന് വിലയിക്കുന്നതിന് അവസാനിക്കുന്നതിന് ഒരു ഇടമില്ല കാരണത്തിലെ കാര്യം നശിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അനാദി എന്ന് വിശേഷിപ്പിച്ചു അനാദി ആയതുകൊണ്ട് തന്നെ ഇത് നശിക്കുന്നില്ല അതുപോലെ ഇത് അനന്തവുമാണ് തഥാ അനന്തം അവിദ്യമാനോ അന്ത കാര്യം അസ്യ തദ് അവിദ്യ ഇല്ലാത്തതായ അന്ത എന്റെ അർത്ഥമാണ് കാര്യം കാര്യം ഇല്ലാത്തത് ഏതിനോ അസ്യ അതുകൊണ്ട് ഇതിനെ അനന്തം എന്ന് പറയുന്നു അപ്പൊ അന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യം എന്നാണ് അർത്ഥം പറയുന്നു അപ്പൊ കാര്യം ഇല്ലാത്തത് എന്നാണ് അനന്ത ശബ്ദത്തിനർത്ഥം കാര്യമേ ഇല്ല അതായത് കാരണമുണ്ടെങ്കിൽ ഒന്ന് നശിക്കും കാര്യമുണ്ടെങ്കിലും ഒന്ന് നശിക്കാം എന്നാണ് അത് വിശദീകരിക്കുന്നത് യഥാ കദിയാദേഹെ ഫലാദി കാര്യോത്പാദനേന അഭി ആനിത്യത്വം ദൃഷ്ടം നജ തഥാപി അന്തവത്വം ബ്രഹ്മണ അതോഭിനിത്യം കാര്യം കൊണ്ട് കാര്യം ഉണ്ടാകുന്നതുകൊണ്ട് കാരണം നശിച്ചു പോകുന്നുണ്ട് യഥാ കദി കഥളി വാഴയും മറ്റും ഫലാദികാരിയ ഉത്പാദനേനെ കൊല കൊലയ്ക്കുന്നതുകൊണ്ട് വാഴ കൊലക്കുന്നതുകൊണ്ട് അത് നശിച്ചു ഒരു കാരണത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകുന്നതുകൊണ്ട് കാരണം നശിക്കുന്നതായി കാണുന്നുണ്ട് കൊലച്ചു കഴിഞ്ഞാൽ നശിച്ചു ാണ് ഫലാദി കാര്യോൽപാദനേനാവി അനിത്യത്വം ദനിത്യം ഒരു വസ്തു നശിക്കുന്നതായി കാണുന്നുണ്ട് എന്നുവെച്ചാൽ തഥാപി അന്ധവത്വവും അതുപോലെയും ഒരു നാശം ബ്രഹ്മണ ബ്രഹ്മത്തിനില്ല അതോ വിനിത്യം അതുകൊണ്ട് ഇത് നിത്യമാണെന്ന് അപ്പൊ ഇതിന് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ ഒരു കാര്യം നിമിത്തമായും ഇത് നശിക്കുന്നില്ല ഇതിനൊരു കാരണമില്ല അപ്പൊ കാരണത്തിലും ഇത് നശിക്കുന്നില്ല അതുകൊണ്ടാണ് ബ്രഹ്മത്തെ നിത്യം എന്ന് പറയുന്നത് അപ്പം ബ്രഹ്മം നശിക്കാത്തതാണ് നിത്യമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്താണ് അതിനെ ഹേതു നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കും അതിന് സമാധാനമാണ് പറയുന്നത് ഒരു വർഷം നശിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കാര്യം ഉണ്ടാവണം കാര്യം ഉണ്ടായാൽ നശിക്കുന്നത് വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ട് വാഴയും മറ്റും അതൊരു കാര്യം അതിൽ നിന്ന് കൊലയുണ്ടാകും അത് അതുപോലെ ഒരു കാര്യം ഉണ്ടായി നശിക്കുന്നതല്ല ഇത് ഇതിന് കാര്യമേ ഇല്ല അങ്ങനെ ചിന്തിക്കുമ്പോ ഇനി കാരണം ഉണ്ടെങ്കിലും നശിക്കാം കാരണം കാര്യം കാരണത്തിലാണ് വിലയിക്കുന്നത് അപ്പോ ഇതിന് കാരണവുമില്ല അതുകൊണ്ട് കാര്യകാരണരഹിതം എന്ന് പറയും ഇതിന് അതുകൊണ്ട് തന്നെ ഇത് നിത്യമാണ് അനാദി അനന്തം എന്ന് പറയുന്നത് മഹതോ അടുത്ത് മഹത് ബുദ്ധ്യാഖ്യാത് പരം വിലക്ഷണം നിത്യവിജ്ഞപ്തിസ്വരൂപത്വാ സർവസാക്ഷിഹി സർവഭൂതാത്മത്വാ ബ്രഹ്മ മഹതോ മഹത്തത്വാ മഹത്തത്വത്തിനും അപ്പുറമാണ് ബുദ്ധിയാഖ്യാത് മഹത്വേന ബുദ്ധി എന്നും പറയും ഇതിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് ചിലയിടത്ത് പറയുന്നത് ചിലയിടത്തതിന് ബുദ്ധി എന്ന് വ്യാഖ്യാനിക്കും രണ്ടു തരത്തിലും പറയും ഇവിടെ ബുദ്ധി എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് മഹാൻ എന്ന് പറയുന്നിടത്ത് അതിന് ഹൃണ്യഗർഭൻ എന്ന് വ്യാഖ്യാനിക്കുന്നു ഇവിടെ മഹദോ മഹത്വം ബുദ്ധി ആഖ്യാത് ബുദ്ധി എന്നുപേരുള്ളത് അതിന് മാത്രമാണ് വിലക്ഷണമാണ് എന്തുകൊണ്ട് നിത്യ വിജ്ഞപ്തി സ്വരൂപത്വ നിത്യവിജ്ഞപ്തി ജ്ഞാനസ്വരൂപമാണിത് നിത്യജ്ഞാനസ്വരൂപമാണ് ഇപ്പോൾ അതുപോലെ ബുദ്ധിക്കപ്പുറമാണ് അപ്പോൾ ആത്മാവ് ബോധമാണ് അറിവാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് നമ്മൾ ധരിച്ചു പോകും ആത്മാവെന്ന് പറയുന്നത് ബുദ്ധിയാണ് ബുദ്ധിവൃത്തികളാണെന്ന് ധരിച്ചു കാരണം നമുക്ക് പരിചയമുള്ള അറിവ് നമുക്ക് പരിചയമുള്ള ബോധം എന്ന് പറയുന്നത് എന്താണ് ി ജഡ സംയുക്തമായിരിക്കുന്ന ബുദ്ധി വൃത്തികളാണ് അന്ധക്കരണ വൃത്തികളാണ് നമുക്ക് ബോധമായി അനുഭവപ്പെടുന്നത് ഇതാണോ ആത്മാവ് ആത്മാവ് അറിവാണെന്ന് പറയുമ്പോൾ ഇതാണെന്ന് ധരിച്ചു കളയരുത് വിലണം നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ില്ല ഇതില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഉറക്കമെന്ന് പറയുന്നത് അതുകൊണ്ട് ആത്മാവ് അറിവാണ് ബോധമാണ് ജ്ഞാനമാണ് എന്ന് പറയുമ്പോൾ ധരിച്ചു കളയരുത് ഉണ്ടെന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറി മാറി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം അറിവ് വിഷയം ജ്ഞാനം ഇതാണ് ആത്മാവെന്ന് ധരിച്ചു കളയരുത് ഇങ്ങനെ ആത്മാവായി ധരിക്കുന്നതുകൊണ്ട് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്ന് ധരിക്കുന്നതുകൊണ്ട് വിശേഷിച്ച് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് മോക്ഷം കിട്ടത്തില്ല അതുകൊണ്ട് പറയുന്നു ബുദ്ധിഖ്യാത് പരം ബുദ്ധി ഈ അറിവ് ഇതിനും അപ്പുറമാണ് വിലക്ഷണം ഭിന്നമായ സ്വരൂപത്തോടുകൂടിയതാണ് ഇതല്ല ഇത് നശിക്കുന്ന അറിവാണ് എന്തുകൊണ്ട് ഇതും ഈ ആത്മാവിന്റെ സ്വരൂപം ആയിരിക്കുന്ന ആത്മാവായിരിക്കുന്ന അറിവ് സ്വരൂപഭൂതമായിരിക്കുന്ന അറിവ് തമ്മിൽ എന്താണ് വ്യത്യാസം നിത്യവിജ്ഞപ്തി സ്വരൂപത്വാ ആത്മാവ് അത് നിത്യ ജ്ഞാനരൂപമാണ് ഇത് അനിത്യജ്ഞാനമാണ് നശിക്കുന്ന ജ്ഞാനമാണ് സദാ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് ഇതല്ല ഇത് സദാ നിലനിൽക്കുന്നതുകൊണ്ട് ഇതാണ് ആത്മാവ് എന്ന് ധരിക്കരുത് ഈ ബോധമാണ് ആത്മാവ് എന്ന് ധരിക്കരുത് മറിച്ചതെന്താണത് സർവസാക്ഷി ഈ ബോധം കേവലം ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുള്ളതാണ് ബോധം ഒരു ജീവന്റെ ഉള്ളിലിരിക്കുന്ന ബോധത്തിന് വേറൊരു ജീവൻ അറിയാൻ പറ്റുന്നില്ല ഒരാളുടെ അറിവ് വേറൊരാൾക്കില്ല കേവലം വ്യക്തിഗതമായിരിക്കുന്ന വ്യക്തിനിഷ്ഠമായിരിക്കുന്ന ഈ അറിവല്ല ഈ ആത്മാവ് വ്യക്തിനിഷ്ഠമായ അറിവ് ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്നു ഓരോ വ്യക്തികളിലും മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ബോധം ആത്മാവല്ല മറിച്ച് ആത്മാവ് എങ്ങനെയാണ് സർവജീവന്മാരിലും ഏകസാക്ഷിയായിരിക്കുന്നതാണ് ഓരോ ജീവന്മാരിലും ഇരിക്കുന്ന ഓരോ സാക്ഷിയെ മറിച്ച് സർവ്വ ജീവന്മാരിലും ഇരിക്കുന്ന കേവലസാക്ഷി അതിനെയാണ് ബോധം അറിവ് ചിത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് സർവജീവന്മാരിലും ഇതിരിക്കുന്നു പറയുന്നത് സർവഭൂത ആത്മത്വ സർവ്വപ്രാണികളുടെയും ആത്മാവായി ഇതിരിക്കുന്നു സർവഭൂത ആത്മത്വ സർവഭൂതാനം ആത്മത്വ സർവപ്രാണിനാം ആത്മത്വ സർവപ്രാണികളുടെയും ആത്മാവായിരിക്കുന്നു ഇതിനെ തന്നെയാണ് ഇതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഉക്തം ഹി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടെന്താണ് യേശു സർവേഷു ഭൂതീഷു ഗൂഢോത്മാ പ്രകാശത്തെ ഇത് സർവഭൂ ഭൂതങ്ങളിലും സർവ്വപ്രാണികളിലും ഗൂഢമായിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷിരൂപത്തിലിരിക്കുന്നു വിഷയരൂപത്തിലിരിക്കുന്നതല്ല വിഷയരൂപത്തിലിരിക്കുന്ന അറിവിനെയാണ് നമ്മൾ സദാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് അറിവുണ്ട് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് വിഷയരൂപത്തിലിരിക്കുന്ന അറിവാണ് അത് ഗൂഢാ ഗൂഢമായിരിക്കുന്ന ആത്മാവല്ല സാക്ഷിരൂപത്തിലിരിക്കുന്ന അറിവല്ല വിഷയരൂപത്തിലിരിക്കുന്ന അറിവിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു ആ പരിണാമം ഇല്ലാത്ത അവസ്ഥയാണ് സുഷൃത്തി ആ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്ര സ്വപ്നങ്ങൾ ഇങ്ങനെ പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവിനെ ഈ ബോധത്തെ ആത്മാവായി ധരിക്കരുത് അല്ലാത് സർവസാക്ഷിയായിരിക്കുന്നതാണ് ഇത് ഓരോ ജീവനിലും വേറെ വേറെയാണ് പരിണമിക്കുന്ന അറിവ് അത് സർവ്വ ജീവന്മാരിലും ഏകരൂപത്തിലിരിക്കുന്നു ഒന്നായിരിക്കുന്നു ഈ അറിവ് വിഷയമാണ് മറ്റേ അറിവ് വിഷയമല്ല അത് സാക്ഷിയാണ് ഈ അറിവ് വിഷയ വിഷയിഭാവത്തിലിരിക്കുന്നു വിഷയമായും വിഷയുമായും ഈ അറിവിന്റെ പ്രത്യേകത എന്താണ് പരിണമിക്കുന്ന അറിവിന്റെ പ്രത്യേകത അത് അറിയുന്നവനായും അറിവായും ഇരിക്കുന്നു ഒരേ സമയം അറിവിനാരുന്നു അറിവ് തന്നെ അറിയുന്നു അപ്പോൾ അറിവായിട്ടും അറിവിനെ അറിയുന്നവനായിട്ടും ഇരിക്കുന്നതാണ് പരിണമിക്കുന്ന അറിവ് അറിവുണ്ടെന്ന് എന്താണ് സ്വ ആത്മപ്രത്യക്ഷമാണ് അവനവന് പ്രത്യക്ഷമാണ് അവനവൻ അതെങ്ങനെ പ്രത്യക്ഷമായിരിക്കുന്നു അവനവന്റെ അറിവ് തന്നെ അറിയുന്നു എന്നാലും അറിവുണ്ടെന്ന് അപ്പൊ അറിവ് തന്നെ രണ്ടായിരിക്കുന്നു അറിയുന്നവനായും അറിവായിട്ടും അറിവിന് വിഷയമായിട്ടും ഇരിക്കുന്നു വിഷയി വിഷയഭാവത്തിനിരിക്കുന്നു അങ്ങനെ വിഷയി വിഷയഭാവത്തിന് അതീതമായിരിക്കുന്നതാണ് സർവസാക്ഷിയായിരിക്കുന്ന അറിവ് അറിവിനെ ആശ്രയിച്ച് ഈ അറിവ് നിലകൊള്ളുന്നു ഉത്തരപൊടി രൂപത്തിലുള്ള അറിവ് നിലകൊള്ളുന്നു ഇതല്ല ആത്മാവ് ഇതിനെ ആത്മാവെന്ന് ധരിക്കരുത് എന്നാണ് മറിച്ച് അതേതാണ് ഗൂഢോത്മ ഗൂഢമായിരിക്കുന്നു വിഷയവിഷയീ ഭാവത്തിലിരിക്കുന്നില്ല അതിന് വിഷയമായി അറിയാൻ കഴിയുന്നില്ല അത് സ്വരൂപമായിരിക്കുന്നു ഇത്യാദി ഈ തരത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ധ്രുവം ച നിത്യം പൃഥിവ്യാധിപത് ആപേക്ഷികം നിത്യത്വം ഇത് എങ്ങനെയിരിക്കുന്നു ധ്രുവം ആയിരിക്കുന്നു അനാദി അനന്തം മഹതപ്പരം ബുദ്ധിക്കപ്പുറമുള്ളതാണ് ധ്രുവമാണ് ധ്രുവത്തെ വിശദീകരിക്കുന്നു കൂടസ്ഥം അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് നിത്യം എന്തുകൊണ്ട് നിത്യം എന്ന് പറയുന്നു ആപേക്ഷികം നിത്യത്വം നിത്യമായി നമ്മൾ കാണുന്നുണ്ട് പൃഥിവി എന്ന് പറയുന്ന തത്വം ഇത് നിത്യമായി കാണുന്നുണ്ട് അങ്ങനെ പൃഥിവി തന്നെയാണ് പരിണമിച്ച് ശരീരങ്ങളായി മാറുന്നത് വൃക്ഷങ്ങൾ ലതകളെല്ലാമായി മാറുന്ന ആ പൃഥിവി അത് വീണ്ടും നശിക്കുന്നു നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് മണ്ണാകുന്നു വീണ്ടും അത് പല രൂപങ്ങളും പ്രാപിക്കുന്നു അപ്പോൾ അതൊരിക്കലും നശിക്കുന്നില്ല നശിക്കുന്നതായി കാണുന്നില്ല പൃഥിവി എന്ന് പറയുന്ന തത്വം നശിക്കുന്നതായി കാണുന്നില്ല മണ്ണ് അതിന് രൂപാന്തരം പ്രാപിക്കുന്നതാണ് സസ്യങ്ങളും ശരീരങ്ങളും മറ്റും അതിന് വീണ്ടും രൂപാന്തരം പ്രാപിക്കുമ്പോൾ അത് മണ്ണായിത്തീരുന്നു അപ്പോൾ അത് നശിക്കാതെ നിലനിൽക്കുന്നു നശിക്കുമെന്ന് നമ്മൾ കരുതുന്നിടത്തുക അതിന് നാശം സംഭവിക്കുന്നില്ല കാരണം രൂപാന്തരം സംഭവിക്കുന്നതേയുള്ളൂ അതിനെ പരിണാമി നിത്യം എന്ന് പറയുന്നു പരിണമിച്ച് അതേസമയം നിത്യമായി തന്നെ നിലനിൽക്കുന്നു ആത്മാവ് അങ്ങനെ പരിണമിച്ചുകൊണ്ട് നിത്യമായി നിലനിൽക്കുന്നതല്ല അതിന് പരിണാമം സംഭവിക്കുന്നില്ല അതാണ് പൃഥിവി തുടങ്ങിയ തത്വങ്ങളെപ്പോലെ ആപേക്ഷികമായ സാപേക്ഷമായ നിത്യത്വം അതിനില്ല നിരപേക്ഷമായ നിത്യത്വമാണ് അതിനുള്ളത് എന്നർത്ഥം ഇങ്ങനെയുള്ള ഈ ബ്രഹ്മത്തെ ആ ബ്രഹ്മ എന്ന് പറയുമ്പോൾ അത് അന്യമാണെന്ന് ചിന്തിക്കും അതുകൊണ്ട് പറയുന്നു ആത്മാനം തന്റെ തന്നെ സ്വരൂപത്തെ ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നത് അവന്റെ തന്നെ ആത്മാനം സ്വരൂപമായിരിക്കുന്നു ഇത് ഇതിനെ അതിന്റെ അർത്ഥമാണെടുത്ത് പറഞ്ഞിരിക്കുന്നത് അവഗമ്യ ഇതിനറിഞ്ഞിട്ട് ഇതിനെ സാക്ഷാത്കരിച്ചിട്ട് ഏതിനെ തം ആത്മാനം ആ സ്വരൂപത്തെ സ്വസ്വരൂപത്തെ ആത്മാ സ്വരൂപം തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് മൃത്യു മൃത്യു മുഖത്തിൽ നിന്നും മൃത്യുഗോചരാഴി ആ വഴിയിൽ നിന്നും എന്താണത് മരണത്തിന്റെ വഴി അവിദ്യ കാമകർമ്മലക്ഷണ അവിദ്യയുടെ മാർഗം എന്ന് പറയുന്ന എന്താണ് അവിദ്യ കാമം കർമ്മം അവിദ്യ ഈ സർവ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്ന അജ്ഞാനം അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്ന കാമം കാമത്തിൽ നിന്നും ഉണ്ടാകുന്ന കർമ്മം ഇത് പരസ്പരം കാര്യകാരണങ്ങളാണ് അവിദ്യയിൽ നിന്ന് കാമം കാമത്തിൽ നിന്ന് കർമ്മം കർമ്മത്തിൽ നിന്ന് വീണ്ടും അവിദ്യ അതിൽ നിന്ന് കാമം കാമത്തിൽ നിന്ന് കർമ്മം ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അവിദ്യ കാമ കർമ്മ മാർഗം ഇതിനാണ് സംസാരമാർഗം എന്ന് പറയുന്നത് ആ സംസാരമാർഗത്തെയാണ് ഇവിടെ മൃത്യുഗോചരം എന്ന് പറയുന്നത് മൃത്യുമുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വഴി ഈ വഴിയിലാണ് ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിദ്യ കൊണ്ടവൻ ഫലത്തെ കാമിക്കുന്നു സുഖത്തെ കാമിക്കുന്നു ആ സുഖത്തെ നേടുന്നതിന് വേണ്ടി അവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു സർവകർമ്മങ്ങൾക്കും പ്രേരകമായിരിക്കുന്നത് സുഖേച്ഛയാണ് സർവ്വകർമ്മങ്ങൾ സുഖേച്ഛ അവനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു ആ കർമ്മം ഫലത്തെ കൊടുത്തെ അവസാനിക്കുകൊണ്ട് കർമ്മം ഫലത്തെ കൊടുക്കുന്നു ആ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് സുഖ ദുഃഖാനുഭവങ്ങളായിരിക്കും അതിനെ അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ജന്മത്തെ സ്വീകരിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇത് മൃത്യുമാർഗമായി സംസാര ഗതി അതാണ് മൃത്യുമാർഗം അങ്ങനെയുള്ള ആ മൃത്യുമാർഗത്തിൽ നിന്നും അവിദ്യ കാമ കർമ്മ രൂപത്തിലുള്ള മിത്യു മൃത്യുമാർഗത്തിൽ നിന്നും പ്രമുച്ചത് എങ്ങനെ ആത്മാനം അവഗമ്യ തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് ഭീമിച്ചതേ പൂർണമായും മുക്തനായിത്തീരുന്നു മുക്തിക്കുള്ള ഉപായമായി ഇവിടെ സ്വസ്വരൂപ സാക്ഷാത്കാരമാണ് അങ്ങനെ ആ സംസാര മാർഗത്തിൽ നിന്നും മോചിക്കുന്നു എന്നാണ് എന്നിവിടെ സ്പഷ്ടമായി മോക്ഷത്തെ മോക്ഷമാർഗത്തെയും വിശദീകരിച്ചു വിടുകയാണ് യമദേവൻ നഗീരസൻ അശബ്ദം അസ്പർശം അരൂപമ്യം ഥാരസം നിത്യം അഗന്തവച്ചയത് അദ്യനന്തം മഹത പരം ധ്രുവം നിചായ തന്മൃത്യു മുഖാ പ്രമുച്ചതേ അങ്ങനെ ഈ ഉപദേശ പ്രകരണം ഇവിടെ പ്രസ്തുത വിജ്ഞാനസ്തുത്യർത്ഥമാഹശ്രുതി ഈ പറഞ്ഞ വിജ്ഞാനത്തെ ഇവിടെ പ്രസ്തുതമായ നിർദ്ദേശിക്കപ്പെട്ടതായ വിജ്ഞാനത്തിന്റെ സ്തുത്യർത്ഥം സ്തുതിക്കു വേണ്ടി ശ്രുതി ആഹാ ശ്രുതി അടുത്ത് പറയുന്നതാണ് മൃത്യുപ്രോക്തം സനാതനം ഉക് ശ്രുവാചേ ബ്രഹ്മലോകേ മഹീയത്തെ േതം നചികേതസ പ്രാപ്തം നാചികേതം നാചികേതം ഉപാഖ്യാനം പറഞ്ഞു നചികേതസ് പ്രാപിച്ചത് യമദേവനിൽ നിന്നും നചികേതസ് പ്രാപിച്ചതാണിത് നാചികേതം മൃത്യുനാ പ്രോക്തം മൃത്യുദേവൻ ഉപദേശിച്ചത് അങ്ങനെ നാചികേതം ഉപാഖ്യാനം മൃത്യുപ്രോക്തം മൃത്യുദേവൻ ഉപദേശിച്ചത് നജികേദസ് നേടിയതുമായ ഇതം ആ ഉപാഖ്യാനം ഈ വിശദീകരണം കഥാരൂപത്തിലുള്ള വിശദീകരണം ഉപാഖ്യാനം വല്ലിത്രയലക്ഷണം ഈ മൂന്ന് വല്ലികൾ സനാതനം ചിരന്തനമാണ് ഇത് നിത്യമാണ് ഈ ഉപാഖ്യാനം നിത്യം എന്നെന്തുകൊണ്ട് പറഞ്ഞു വൈദികത്വ വൈദികമാണ് അനാദിയായി അനന്തമായി ഈ ഉപദേശം ഉപാഖ്യാനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ നിത്യമെന്ന് പറഞ്ഞു ആചാര്യ പരമ്പരയിലൂടെ ഗുരുപരമ്പരയിലൂടെ അനാദികാലമായി ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ നിത്യം ചിരന്ധനം എന്ന് പറഞ്ഞു അതിന് ഹേതു പറഞ്ഞു വൈദികത്വ ഇത് ഉക്ത്വ പറയുന്നു ബ്രാഹ്മണേഭ്യക്വാ പറയും ഇത് ആരോട് പറഞ്ഞു കൊടുക്കണം പറയൂ ഇത് എവിടെയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഭാഷകാരൻ അവിടെ പോകുന്നു വിശദീകരിക്കുകയാണ് ബ്രാഹ്മണേഭ്യൂ ബ്രാഹ്മണർക്ക് വേണം ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടതെന്ന് പറയും ഇത് ഉപദേശിച്ചു കൊടുത്താൽ അതിനെ സ്വീകരിക്കാനും ധരിക്കാനും അതിൽ പ്രവർത്തിക്കാനും യോഗ്യതയുള്ള അധികാരികൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണമെന്നാണ് അതാണ് എന്ന് വിശേഷിച്ച് പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ട് ഇതുകൊണ്ട് പ്രയോജനമെന്ന് കഥാചാര ഇതെല്ലായിടത്തും പറയുന്ന കാര്യമാണ് അധികാരിക്ക് ഇത് ഉപദേശിക്കുക എന്നാലേ പ്രയോജനമാണ് ഇതിനെ നിന്ദിക്കുന്നവന് ഇത് ഉപദേശിച്ചിട്ട് കാര്യമില്ല പ്രയോജനം ചെയ്തില്ല ഭഗവത്ഗീതയിലും പറയുന്നത് അതപസ്കായ തപസ്സില്ലാത്തവൻ ഉപദേശിക്കരുത് തപസ്സുള്ളവനാണ് ബ്രാഹ്മണൻ ഭക്തായ ഭക്തിയില്ലാത്തവനത് ഉപദേശിക്കരുത് ഭക്തിയുള്ളവനാണ് ബ്രാഹ്മണൻ ശ്രദ്ധയില്ലാത്തവനോ അശുശ്രൂഷവേ ശുശ്രൂഷ ശ്രവണം ചെയ്യുന്നതിനുള്ള താല്പര്യം ഇത് കേൾക്കുന്നതിന് താൽപര്യമുള്ളവനെ ഇത് ഉപദേശിക്കാവൂ അല്ലാത്തവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല ശ്രദ്ധയില്ലാത്തവനത് ഉപദേശിച്ചിട്ട് കാര്യമില്ല പറയും ശ്രദ്ധധാനായ മഹ്യം ഞാൻ ശ്രദ്ധാലുമാണ് എനിക്കിത് ഉപദേശിക്കണം ഞാനിത് താല്പര്യപൂർവ്വം ശ്രവിക്കാം എന്ന ഭാവന ഉള്ളവനും മാത്രമേ ഇത് ഉപദേശിക്കാവൂ എന്നുള്ളൂ അങ്ങനെയുള്ളവനത് ഉപദേശിക്കണം അല്ലാത്തവർക്കിത് ഉപദേശിച്ചിട്ട് കാര്യമില്ല പ്രയോജനമില്ല അതുകൊണ്ട് ആചാര്യഭ്യൂ ശ്രുത്വാച് ആചാരീഭ്യു അതുപോലെ ഇത് ആചാര്യന്മാരിൽ നിന്ന് ശ്രവിക്കണം ആചാര്യന്മാരിൽ നിന്നും ശ്രുത്വ ഇത് ശ്രവിക്കേണ്ടതാണ് ഇതങ്ങനെ ഉപദേശിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം എന്നാണ് മേധാവി അങ്ങനെ ചെയ്തിട്ട് മേധാവിയായിട്ടുള്ളവൻ സ്വാധ്യായ പ്രവചനം എന്ന് പറയും ഇതിന്റെ പുക്ത്വ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് സ്വാധ്യായമാണ് അതും സ്വാധ്യായത്തിൽപ്പെടുന്നു പ്രവചനം അതും സ്വാധ്യായം തന്നെ കാരണം ഇതിനെ ഗ്രഹിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ പറയുന്നവൻ ഇതിൽ കൂടുതൽ നിഷ്ഠയുണ്ടാവുന്നു ശ്രവിക്കുന്നവനേക്കാൾ കൂടുതൽ പ്രയോജനം പറയുന്നവനാണ് കാരണം പറയുന്നതുകൊണ്ട് പറയുന്നവന് കൂടുതൽ നിഷ്ഠ സ്ഥിരതയുണ്ടാവുന്നു കേൾക്കുന്നവനും പ്രയോജനം ഉണ്ടാവുന്നു അതുകൊണ്ടാണ് സ്വാധ്യായ പ്രവചനാഭ്യാം സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിയരുത് എന്ന് പറയുന്നു ഈ പ്രവചനത്തിനെതിരെ മുഖ്യമായൊരു കാര്യം ഒരു പങ്കുണ്ട് ഇതിന് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഗ്രഹിക്കുമ്പോൾ ആ ശ്രവിക്കുക ശ്രവണം കഴിഞ്ഞ് അടുത്ത് വരുന്ന ഭാഗമാണ് അല്ലെങ്കിൽ ശ്രവണത്തോടൊപ്പം വരുന്ന ഭാഗമാണ് മനനം ഈ മനനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രവചനമാണ് ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് ഏകാഗ്രമായി ചിന്തിക്കുന്നതും ഏകാഗ്രമായി ചിന്തിക്കാൻ കഴിയുന്നത് ശ്രവണത്തേക്കാൾ കൂടുതൽ മനനം നടത്തുന്ന സമയത്താണ് ആ മനനത്തിന് ഏറ്റവും പറ്റിയ ഒരു ഉപായമാണ് പ്രവചനം എന്ന് പറയുന്നത് അപ്പോൾ പ്രവചനം നടത്തുമ്പോഴാണ് അയാളുടെ ബുദ്ധി കൂടുതൽ ഏകാഗ്രമാകുന്നതും കൂടുതൽ അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതും ശ്രവണത്തിൽ അത്രയും ദൃഢതയുണ്ടാവത്തില്ല അതുകൊണ്ട് പ്രവചനം വളരെ മുഖ്യമാണ് ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ ഇത് ദൃഢമാകണമെങ്കിൽ ഇത് പ്രവചനം നടത്തി തന്നെ തീർന്നു ഇതെന്നുള്ളതല്ല ഏത് വിദ്യ സംബന്ധിച്ചാലും ശരി ആ വിദ്യ ആ വിദ്യാർത്ഥി വിദ്യയെ സ്വീകരിക്കുന്നവനിൽ ദൃഢമാകണമെങ്കിൽ ആ വിദ്യ അതിന്റെ പ്രവചനം നടത്തി തന്നെ തീർന്നു അത് അയാളുടെ സ്വാധ്യായത്തിന്റെ ഒരു ഭാഗമാണ് എന്നാലേ അത് ഉറയ്ക്കത്തുള്ളൂ അപ്പോഴേ ചിന്തയ്ക്കൊരു കുറച്ചുകൂടി ദാർഢ്യം വരത്തും അതുകൊണ്ടിത് ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രാധാന്യങ്ങളാണ് ശ്രുത്വ ഉക്ത്വ ഇത് ശ്രവിക്കണം ഇത് പറയുകയും വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആചാര്യഭ്യൂ ആചാര്യന്മാരൊന്ന് ശ്രവിക്കണം ശ്രദ്ധാലുക്കളായവർക്കത് ഉപദേശിക്കുകയും വേണം പറഞ്ഞു കൊടുക്കുകയും വേണം അങ്ങനെ ചെയ്ത് ഗീതയിൽ തന്നെ പറയുന്നു ഇത് യൈമം പരമം ഗുഹ്യം മദ്ഭക്തി ശവിധാസി ആരാണോ ഇത് എന്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു ഈ ഉപനിഷത്തും പല ഭാഗങ്ങളും വളരെയധികം സാമ്യമുണ്ട് ഒരു ഭാഗം ഇത് അവിടെയും പറയുന്നുണ്ട് ഇത് എന്റെ ഭക്തന്മാർക്ക് ഇതാരാണ് ഉപദേശിച്ചുകൊടുക്കുന്നത് അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അത് ഇവിടെയും പറയുന്നുണ്ട് ഇത് കേൾക്കണം ഉപദേശിക്കണം പറഞ്ഞുകൊടുക്കണം അങ്ങനെ ചെയ്തിട്ട് മേധാവി അത് ചെയ്യുന്ന അവൻ മേധാവിയായിട്ടുള്ളവൻ ആ മേധാവിയെ ആർജിക്കുന്നതിന് ഇത് ശ്രവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വായമാണ് അതിലൂടെയും അവൻ മേധാവിയായിട്ട് ം എന്ന് പറഞ്ഞാ ലോകെടുക്കരുത് ബ്രഹ്മണ സ്ഥാനം അങ്ങനെ വ്യാഖ്യാനിക്കരുത് ബ്രഹ്മത്തിന്റെ സ്ഥാനം അങ്ങനെയല്ല ഇവിടുത്തെ ലോകം ബ്രഹ്മലോക അതെന്താണെന്ന് ഇതുവരെ വിശദീകരിച്ചു കഴിഞ്ഞു തസ്മിൻ മഹീയത അതിലവൻ പൂജിതനായിത്തീരുന്നു എന്നർത്ഥം ഇതിനെ പറയുകയും ഇതിനെ കേൾക്കുകയും ചെയ്യുന്നവൻ തന്നിൽ തന്നെ പൂജിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മഭൂത ആത്മസ്വരൂപനായി അവൻ പരമാത്മസ്വരൂപനായി ഉപാസ്യോഭവതി അവൻ ഉപാസ്യനായിത്തീരുന്നു പൂജനീയനായിത്തീരുന്നു അവൻ സ്വയം പൂജനീയനായിത്തീരുന്നു ഉപാസ്യനായിത്തീരുന്നു ആത്മസ്വരൂപിയായിത്തീരുന്നു എന്നർത്ഥം ഇതിനെ നിരന്തരം ശ്രവിക്കുകയും നിരന്തരം ഇതിനെ പ്രവചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവൻ ആ സ്വരൂപത്തെ പ്രാപിച്ചിട്ട് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് അവൻ സ്വയം പൂജനീയനായിത്തീരുന്നു അതാണിതിന്റെ മഹത്വം ആയിത്തീരുന്നു എന്നർത്ഥം അതാണ് ബ്രഹ്മലോകുന്നു അതാണിതിന്റെ ഫലം നാചിക്കേതം ഉപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ുക്കേധാവീലോകെ മഹീയത്തെ ബ്രഹ്മസംസതി പ്രയത ശ്രാദ്ധകാല തൽപ്പ ാണ് ഇമം ഗ്രന്ഥം ഈ ഗ്രന്ഥത്തെ ഇതുവരെ പറഞ്ഞ മന്ത്രഭാഗത്തെ ഇതെങ്ങനെയുള്ളതാണ് പരമം പരമമാണ് പ്രകൃഷ്ഠമായതാണ് രഹസ്യമാണ് രഹസ്യം എന്ന് പറയുമ്പോൾ ഈ തത്വം പ്രാകൃത ബുദ്ധികൾക്ക് ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതാണ് ഇതിന് ഗുഹ്യം ഗോപ്യം രഹസ്യം എന്ന് പറയുന്നത് ഇത് ശ്രാവയെ ഇതിനെ ശ്രവിപ്പിക്കുക ഇവിടെ ഗ്രന്ഥതോ അർത്ഥത ഗ്രന്ഥത എന്ന് വെച്ചാൽ ഇതിന്റെ പാരായണം അർത്ഥത എന്ന് പറഞ്ഞാൽ ഇതിന്റെ വ്യാഖ്യാനം രണ്ട് രണ്ടുമാണ് ഇതിനെ പാരായണം ചെയ്യുക പാരായണം ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുക അതുപോലെ എന്റെ അർത്ഥത്തെ വിശദീകരിച്ചു കൊടുക്കുക ഇതെവിടെയാണ് ചെയ്യേണ്ടത് ബ്രഹ്മസംസതി പറയുന്നു ബ്രാഹ്മണാനാം സംസതി ബ്രാഹ്മണ സദസ് അധികാരികളായ യോഗ്യന്മാരുടെ സദസ്സൻ ഇതിനെ ഗ്രഹിക്കാൻ ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും എല്ലാം ഉള്ളവരുടെ സദസ്സൻ അങ്ങനെയുള്ളവരുടെ സംസതി സദസ്സൻ എന്നാണ് ആ ബ്രഹ്മസംസാധാരണ എവിടെയാണ് സംഭവിക്കുന്നത് വിദ്വാൻമാരും ഒരുമിച്ച് കൂടുന്ന ഇടം അവിടെ എങ്ങനെ പറയണ പ്രയത ശുചിർഭൂത്വ മനഃശുചിയായി പറയുന്നവൻ അതിന് വേണ്ടുന്ന യോഗ്യതകളൊക്കെ സമ്പാദിച്ചിരിക്കുകയാണ് ശുചിത്വം എന്ന് പറയുന്നത് ശുദ്ധ മനസ്സനായി നിഷ്കാമനായി അതിൽ മറ്റു കാമനകളും താല്പര്യങ്ങളൊന്നുമില്ലാതെ ബാഹ്യ ആഭ്യന്തര ശോചത്തോടുകൂടി രണ്ടു തരത്തിലുള്ള ശോചത്തിനും പ്രാധാന്യമുണ്ട് ബാഹ്യമായും ശുചിത്വം ഉണ്ടായിരിക്കുക ആന്തരികമായി മാനസിക ശൗചം നിഷ്കാമന അങ്ങനെ ശ്രദ്ധാതുവായി ഭക്തിയുക്തനായി അതൊക്കെ ഭാഗങ്ങളാണ് അങ്ങനെ ശുചിർഭൂത്വ ശ്രാദ്ധകാലേവാ ശ്രാദ്ധകാലത്തിനുമാകാം ബ്രഹ്മസംസത്തിൽ ബ്രാഹ്മണ സദസ് അത് പാരായണം ചെയ്യുന്നതിനും മറ്റൊരു പ്രത്യേക സമയം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു അവിടെ വിദ്വാൻമാരെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ശ്രാദ്ധകാലവും മറ്റും അവിടെയോ അല്ലെങ്കിൽ ബ്രാഹ്മണ സദസ്സിലോ എവിടെയാണ് ശ്രാവയെ ഭുഞ്ജാന ശ്രാദ്ധം ശ്രാദ്ധത്തിൽ പങ്കെടുക്കുന്നവർ അവര് പ്രത്യേക ചടങ്ങ് മരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായതുകൊണ്ട് ഇവിടെ മരണശേഷം ഉള്ള ആത്മാവിനെ കുറിച്ചും എല്ലാം ഇവിടെ വിശദീകരിക്കുകയാണ് ആ ഒരു സന്ദർഭം ഇതൊരാൾക്ക് ഈ തത്വത്തെ ശ്രദ്ധിക്കുന്നതിന് കൂടുതൽ അനുകൂലമാണ് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു ശ്രാദ്ധകാലം എന്ന് പറയുന്നു അപ്പം മൃത്യുവിനെ കുറിച്ച് ഒരുവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയമാണ് ആത്മാവിനെക്കുറിച്ച് ആ സമയത്ത് ശ്രദ്ധിക്കാൻ അയാൾക്ക് മനസ്സ് വരും അതുകൊണ്ട് പറഞ്ഞു അശ്രാദ്ധ കാലത്തോ ഈ ശ്രാദ്ധ സമയത്ത് പറയുന്നതിനും വിശേഷതയുണ്ട് ആ ശ്രാദ്ധ സമയത്തും മറ്റുമാണ് പുരാണങ്ങളും മറ്റും പാരായണം ചെയ്യുന്നതും ആത്മീയ കാര്യങ്ങളും മറ്റും കാരണം മനസ്സിൽ സഹജമായി വിഷയവിരക്തി ഉണ്ടാകുന്ന സമയം മരണം മനുഷ്യനെ അന്തർമുഖനാക്കുന്നു അവിടെ അവനൽ കുറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സന്ദർഭമാണ് സഹജമായി തന്നെ മനസ്സിൽ വിരക്തി വരുന്ന ഭാവമാണ് ആ ഭാവത്തിൽ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് കേൾക്കുന്നതിന് ശ്രദ്ധ ഉണ്ടാകും വിശേഷിച്ചും അവിടെ യോഗ്യന്മാരാണെങ്കിൽ അതാണ് ബ്രാഹ്മണാനാം സദസ്സി എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലത്ത് ബഹിർമുഖന്റെ മനുഷ്യർ കൂടി അന്തർമുഖരാകുന്ന ആ സമയത്ത് ഇത് ശ്രമിപ്പിക്കണം ഇത് പാരായണം ചെയ്യണം അതുകൊണ്ടാണ് മരണസമയത്ത് പുരാണങ്ങളും മറ്റും പാരായണം ചെയ്തത് അതുപോലെ ശ്രാദ്ധ സമയത്ത് ഇത് പാരായണം ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസ്യ ആനന്തിയായ അനന്തഫലമായ കൽപ്പതി സമ്പദ്ധി അവരിത് അനന്തഫലത്തെ കൊടുക്കുന്നു ആ സമയത്ത് ഇത് പറയുമ്പോഴും ശ്രമിക്കുമ്പോഴും കേൾക്കുന്നവനും പറയുന്നവനും കൂടുതൽ ഏകാഗ്രത ലഭിക്കുന്നു തിന്റെ അനന്തമായ ഫലത്ത് മോക്ഷപര്യന്തമുള്ള ഫലത്തെ അവന് കിട്ടുന്നു എന്നർത്ഥം ആനന്ദിയായ അനന്തഫലമായ കല്പതെ സമ്പദ് അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നു തദാനായ കൽപ്പതയി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു പറയുന്നു ധ്രുവചനം രണ്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അധ്യായ പരിസമാപ്തി അർത്ഥം അധ്യായത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടിയാണ് രണ്ട് തവണ പറയുമ്പോൾ അവിടെ അത് ചൊല്ലി അവസാനിപ്പിക്കണം അധ്യായം അവിടെ അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ടു തവണ ചൊല്ലിയത് ഇരട്ടിച്ചിരിക്കുന്നത് അപ്പം അതിവിടെ ആണത് പാരായണം നടത്തേണ്ടത് എവിടെ പാരായണം നടത്തിയാലാണ് കൂടുതൽ ഫലവത്താവുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് മന്ത്രത്തിൽ ഇത് ഈ രണ്ട് മന്ത്രങ്ങളും ഈ വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് െന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തെ നമുക്ക് നിർദ്ദേശിക്കുകയല്ല അങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയല്ല ശ്രാദ്ധ സമയത്ത് ഇത് ചൊല്ലണം എന്ന് നിർബന്ധം പിടിക്കുകയല്ല അതിൽ നല്ലതിന് പ്രാധാന്യം മറിച്ച് സ്തുതിവാക്യങ്ങളെല്ലാം അത് മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് ഇത് നിരന്തരം പാരായണം ചെയ്യേണ്ടതാണ് നിരന്തരം മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് അത്രയും മഹത്വമേറിയതാണ് എന്നുള്ളതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് മന്ത്രങ്ങളും അതിനെ സ്തുതിക്കുന്ന രൂപത്തിൽ പറയുന്നത് എന്നാണ് അതാണ് ആദ്യം പറഞ്ഞത് വിജ്ഞാനസ്തുത്യർത്ഥം വിജ്ഞാനസ്തുതിയാണ് പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തെ വിധിക്കുകയല്ല ഇവിടെ ഇന്നത് ചെയ്യണം ശ്രാദ്ധം നടത്തി നടക്കുന്നിടത്തെല്ലാം ഇത് നിർബന്ധമായും ഇത് വായിച്ചിരിക്കണം എന്നൊരു വിധിയല്ല ഇവിടെ മറിച്ച് അതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് പറയുന്നത് നല്ലതാണ് എന്ന് നമ്മൾ ബോധിപ്പിക്കുകയാണ് മൃത്യുപ്രോക്തം സനാതനം ഉക്ത ശ്രുത് മേധാവീ ബ്രഹ്മലോകേ മഹീയത്തെ യൈമം പരമം ഗുഹ്യംസതിന്ത്രങ്ങളിൽ പദങ്ങളെ വിച്ഛേദിക്കുന്നതിനും മറ്റും പ്രയാസമുള്ള ഭാഗങ്ങൾ തെറ്റുകൂടാതെ വായിക്കുന്നതിന് വേണ്ടി ആദ്യ മുതലയുള്ള മന്ത്രങ്ങളിൽ അത്തരം ഭാഗങ്ങൾ ഒന്ന് വിശദീകരിക്കാം ചിലർക്കത് ആവശ്യമുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഒന്നാമത്തെ മന്ത്രത്തിൽ അത് ഉടൽ ലളിതമാണ് അങ്ങനെ തന്നെയാണ് പദങ്ങൾ പിരിക്കുന്നത് പിബന്ധ സുഹൃത ഗുഹാ പ്രവിഷ്ടമാണ് വെളിച്ചം വെയില് എന്നൊക്കെ അർത്ഥം Chāyācha ātapascha. Chāyātapau. Brahmavitaḥ. Brahmavetīdi. Brahmavit. Brahmavitaḥ. Brahmavit. Brahmavito. Brahmavitaḥ. Bahojanavano. Brahmavito. Vadandī. That's what we call. Brahmavitaḥ. Vadandī. Panchāgyinayoh. Panchāgyinayoh. Panchāgyini. That's what we call. Bahojanavano. Panchāgyinayoh. േ ശേത സമാസത്തിൽ വരുമ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രികൃത്വ നാച്ചേതു അഗ്നി ബഹുവിനത്തിൽ അത് പ്രത്യേകിച്ച് വേറെ ഇല്ല അടുത്ത മന്ത്രത്തിൽ യഹ സേതു എന്നവിടെ പിരിക്കുന്നു ഈജാനാം ഈജാനാഹ അതിന്റെ ഷഷ്ടിയാണ് ഈജാനാം ഈജാനാഹ ഈജാനാം ഷഷ്ടി ബഹു എന്നാണ് അക്ഷരം ബ്രഹ്മ യത്ത് പരം അവിടെയൊന്നും വിശേഷിച്ചൊന്നുമില്ല അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നുമില്ല സന്ധ്യ അവിടെയൊക്കെ സ്പഷ്ടമാണ് അടുത്ത മന്ദിരത്തിൽ ആത്മാനം ം വി അതൊക്കെ മനഃ പ്രഗ്രഹം ും വിശേഷണി അടുത്ത മന്ത്രത്തിൽ ഹയാൻ ആഹു എന്ന് പിരിയുന്നു ഹയാൻ പറയുന്നു വിഷയാൻ അവിടെ അങ്ങനെ പിരിക്കുന്നു വിഷയാൻ തേഷു സന്ധി വന്നിട്ട് വിഷയാം തേശു വിഷയാൻ തേശു സന്ധി വന്നിട്ടാണ് വിഷു എന്നവിടെ ഒരു അനുസ്വാരം വരും ഒരു സകാരവും വരും വേഗനം പഠിച്ചിട്ടുള്ളവർക്കറിയാം നശ്ചവ്യ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട് വിഷയാൻസ് തേഷു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭനീഷിണ ഭോക്ത ഇതി ആഹു അവിടെ വിസർഗമാണ് ആയിട്ട് മാറുന്നു ആഹുർ മനീഷിണ ഭനീഷിണ ഭോക്തീത്യാഹുർ മനീഷിണ എന്ന് വന്നിരിക്കുന്നു അടുത്ത മന്ത്രത്തിൽ യസ്തു യഹതു വിസർഗമാണ് സഹായമായി മാറിയത് യഹ തു യസ്തു അവിജ്ഞാനവാൻ മനസ സദാ തസ് ഇന്ദ്രിയേന്ദ്രിയ അവശ്യുഷ്ടശ്യവ സാര ദുഷ്ട അശ്യു എ സ ദുഷ്ടാ തേ ദുഷ്ടാശ്വാഹ അർത്ഥമന്ത് അതുപോലെ യു യസ്ജാനുക് മനസിയന സാര അർത്ഥമന്ത്രി ഉപകാരം വന്നിട്ട് യസ് അമനസ്ക അവിദ്യമാന മനോയ സ അമനസ്കനസ് അതിലൊരു കകാരം കൂടെ വരും സമാസത്തിൽ അമനസ്ക സദാ അവിടെ സദാ ശുചി പിരിക്കുന്നു സദാ അശ്വചിന്ന് സദാശുചി സദാ അശുചി ശുചിന്റെ സദാ അശ്വചി എന്ന് പറയും രണ്ടകാരം കൂടി ചേർന്നിരിക്കുന്നു സദാ അശ്വതി ദീർഘം ഇതിനെ സദാശുചിന്നും പിരിക്കാം സദാ അശുചിന്നും പിരിക്കും അതിനെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു തിരിച്ചറിയാൻ ഒരേ വഴിയുള്ളൂ തുറന്നു വരുന്ന ഭാഗം വായിച്ചു നോക്കുക ന സത് പദോദി ആ പദത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത് സദാ അശുചിയിൽ നിന്ന് പിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ഏതാണെന്ന് തിരിച്ചറിയാൻ വേറെ മാർഗമൊന്നുമില്ല രണ്ടു തരത്തിന് ഇത് പിരിച്ചെടുക്കും വ്യാകരണ നിയമം അനുസരിച്ച് രണ്ടായിട്ട് പിരിയുന്നത് ശരിയാണ് സദാ അശുചിയിൽ നിന്നും പിരിക്കാം സദാശുചിയിൽ നിന്നും പിരിച്ചെടുക്കാം പക്ഷെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാവുക ഇവിടെ ആ പരമപദത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് സദാ അശുചിന്നായി അതേ വ്യാകരണ നിയമം അനുസരിച്ച് രണ്ടു തരത്തിലും പിരിച്ചെടുക്കാം അത് തിരിച്ചറിയാൻ വേറെ മാർഗമൊന്നുമില്ല എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ സംസാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സദാ അശുചി അല്ലെങ്കിൽ സദാശുചി അതാണ് അടുത്ത് അടുത്ത മന്ത്രത്തിനങ്ങൻ യഹത്തു വിജ്ഞാനവാൻ ഭവതി സമനസ്കഹ സദാശുചി ഇതും ചേർത്താണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇവിടെ സദാ ശുചി എന്ന് പിരിക്കുന്നു എന്നുവെച്ചാൽ ഇവിടെ സന്ധി വന്നിട്ടില്ല രണ്ടു പ്രത്യേക പദങ്ങളാണ് സദാശുചി പക്ഷെ എഴുതുമ്പോൾ ചേർത്തെഴു ചേർത്തെഴുതിയാൽ നമ്മൾ സദാശുചി എന്ന് തന്നെ എഴുതുന്നത് സോ സഹത്തോ എന്ന് പിരിക്കുന്നു സഹത്തോ തത് പദം ആപ്നോദി സന്ധിയൊന്നും വന്നിട്ടില്ല ചേർത്തെഴുതിയിരിക്കയാണ് അടുത്ത മന്ത്രത്തിൽ വിജ്ഞാനസാരീ യഗ്രഹവാൻ നരഹ സധ്വന സോധ്വന പാദം ആത്മനോദി തദ് വിഷ്ണോ തദ്ണോ എന്ന് ചേർത്തെഴിയിരിക്കുന്നു പരമം പദം അടുത്ത മന്ത്രത്തിൽ ഇന്ദ്രിയേഭ്യ പരാ ഇന്ദ്രിയേഭ്യ പരാ ഹി അർഹ അവിടെ വിസർഗം ലോകിച്ചു ഹി അർഥ്യ अर्थेभ्यश्च अर्थेभ्यश्च अर्थेभ्यश्च अर्थेभ्यश्च परम मनः मनसः तु मनसः तु परा बुद्धिः बुद्धिः आत्मा महान परः अत्रतु महतः परम अव्यक्तं परम अव्यक्तं അവിടെങ്കിലും സന്ധിയില്ല അവ്യക്താത് പുരുഷ പരഹ പുരുഷാത് ന അതാണ് പുരുഷാന്ന പുരുഷാത് ആ തകാരത്തിന് സന്ധി കൊണ്ട് ന കാരം വരുന്നു പരം കിഞ്ചിത് സര ഗതിഹി അവിടെയെങ്കിലും സന്ധിയില്ല ഇത് ഒരു ഗൂഢോത്മ എന്ന് പറയുന്ന പ്രയോഗം സംസ്കൃതത്തിന് ഒരു വൈദിക പ്രയോഗമാണ് അതിന് ഒരു പ്രത്യേക നിയമം അനുസരിച്ച് പ്രയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ഗൂഢോത്മ ന പ്രകാശത്തെ ദൃശ്യത്തെ ആകാരാന്തേ ശബ്ദമാണ് അതിന്റെ തൃതീയ സൂക്ഷ്മ സൂക്ഷ്മി സൂക്ഷ്മദർശിഭി ദൃശ്യത സൂക്ഷ്മദർശിഭി തൃതീയ ബഹുവിനാണ് ദൃശ്യത അടുത്തതിന് അത് കഴിഞ്ഞിട്ട് വാഖ് മനസി അതിന് വാങ് മനസിൽ വരും മനസി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അനുനാസി അനുനാസികോ എന്നൊക്കെ സൂത്രങ്ങളു വാങ് മനസിടെ മനസ്സിന്ന് മതി വേദമായത് കൊണ്ട് നീട്ടി ഛാന്തസ് മനസ്സി മനസ് നമുസേനിക ശബ്ദമാണ് സപ്തമിയില് മനസ്സിന്ന് വരും അടുത്ത് ഞാനേ ആത്മനി എന്നാണ് ഞാനേ പക്ഷെ തിരുത്തണ്ട ഞാൻ ആത്മനി എന്നുള്ളതാണ് സന്ധി വന്ന രൂപമാണ് സന്ധിയില്ലാതെ പിരികയാണെങ്കിൽ ഞാനേ എന്ന് വരും അത് നമ്മള് പറയും ഏച്ചുവായോയോ ലോപശാഖ രസ്യ സൂത്രങ്ങൾ വരുന്നു ഞാനേ ആത്മനി ഏകാരം ലോപിച്ചു പോകുന്നു അയാദീഷം വന്ന് ഏകാരം ലോപിച്ച് ഞാന് ആത്മനിന്ന് പറഞ്ഞു ഞാന് തീവരുന്നു അതിനുശേഷം ഞാന് ജ്ഞാനത്തിന്റെ ജാവും താക്കിയ ശേഷം ജാവെന്ന് കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് സ്ഥൂസ് അവിടെ മൂന്ന് പദങ്ങളാണ് നിയച്ചേത് തത് എച്ചേത് ശാന്താരത്തിന് ഛകാരം ആദേശമായിട്ട് വരും ും ശാന്തകാരത്തിന് ശകാരം ശാന്ത ആത്മനിടെ ശാന്തെ ആത്മനി എന്നാണ് ശാന്തി രണ്ട് സപ്തം യന്ത്രങ്ങളാണ് ആത്മനി ഏകാരത്തിന് ലോകം വന്നിരിക്കുകയാണ് ഇവിടെ ശാന്തി ആത്മനി അപ്പൊ നിയച്ചേത് തത് യച്ചേത് ശാന്തെ ആത്മനിന്ന് ഇത് ഉത്തത ക്രിയാരൂപമാണ് ജാഗ്രത അതും കിയൈരുപോണു തിഷതു തിഷതാം തിഷതാം തിഷന്തു തിഷ തിഷത തിഷ്ടം തിഷത മധ്യവർഷവൻ ഉത യൂയം ഉത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത വരാൻ നിബോധത വരാൻ തിരിയബുവോധത അതും കിയരുപോൺ കുരസാരശിത ദുരത്യ ദുർഗം പഥഹ അവിടെയെങ്കിലും പ്രത്യേകിച്ച് സന്ധികളില്ല പഥഹ തത് കവയഹ വന്തി എന്നാണ് അടുത്തതിലും സന്ധിയില്ല അശബ്ദം അസ്പർശം അരൂപം അമ്മ്യയം തഥ അരസം അവിടെ സന്ധിയുണ്ട് തഥ അരസം ദീർഘം വന്നിരിക്കുകയാണ് നിത്യം അകന്ധവത് ചന്ധവത്ത് ച സന്ധി അകന്തവച്ച സ്തുഹു സ്റ്റുന സ്റ്റുഹു എന്നാണ് സൂത്രം യത്ത് അനാദി അനന്തം മഹത പരം ധ്രുവം നിചായത് മൃത്യു മുഖാദ് തത് മൃത്യുമുഖാദ് ദകാരത്തിന് ശേഷം മകാരം വന്നു ദകാരത്തിന് നകാരം വരും ഒരു അനുനാസികി അനുനാസി േതം ഉപാഖ്യാനം അവിടെയെങ്കിലും സന്ധിയില്ല മൃത്യുപ്രോക്തം മൃത്യുനാ പ്രോക്തം മൃത്യുപ്രോക്തം അങ്ങനെയൊക്കെ സമാസങ്ങൾ വരെ ഇടയ്ക്ക് മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വ ശ്രുത്വ ച മേധാവി ബ്രഹ്മലോകെ മഹീയതേ അവിടെയെങ്കിലും സന്ധിയില്ല യഹ എന്നാണ് നമ്മുടെ य नयि यमम परमम गुह्यम श्रवये ब्रह्मसंसति प्रयत्न श्रद्धकानेवा तद आनन्द्याय तद आनन्द्याय न तद आनन्द्याय कल्पते അങ്ങനെയാണ് ഇതിലെ പദങ്ങൾ തിരിച്ചെടുക്കുന്നത് അതിലെ സന്ധികാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അതിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം എങ്ങനെ മനസ്സിലാക്കാം ഇല്ലാങ്കിലൊരുക്കിയ കൂടി വായിച്ച് അവസാനിപ്പിക്കുക ഈ അധ്യായം